നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും അവയോട് അഹങ്കരിക്കുകയും ചെയ്തവർക്ക് ആകാശവാതിലുകൾ തുറക്കപ്പെടുകയില്ല ഒട്ടകം സൂചിക്കുഴലിലൂടെ കടന്നു പോകുന്നതുവരെ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുമില്ല ഇപ്രകാരം കുറ്റവാളികൾക്ക് നാം പ്രതിഫലം നൽകുന്നു